സുലൈമാൻ അലിഹിസ്ലാമിന്റെ ഭരണകാലത്ത് പിശാജുക്കൾ ഓദിക്കൊടുത്തിരുന്നതിനെ അവർ പിന്തുടർന്നു സുലൈമാൻ അലിഹിസ്ലാം ഖഫ്റ് ചെയ്തിരുന്നില്ല മറിച്ച് മനുഷ്യർക്ക് മാന്ത്രികവിദ്യ പഠിപ്പിച്ച പിശാജുക്കളാണ് കുഫ്റ് ചെയ്തത് ബാബിലോണിലെ ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ടു മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളും അവർ പഠിപ്പിച്ചു ഞങ്ങളൊരു പരീക്ഷണമാകുന്നു അതിനാൽ നിങ്ങൾ കുഫ്റ് ചെയ്യരുത് എന്ന് പറയുന്നതുവരെ അവർ ആരെയും പഠിപ്പിക്കുമായിരുന്നില്ല എന്നിട്ടും ഭർത്താവിനെയും ഭാര്യയേയും വേർപിരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ അവർ അവരിൽ നിന്ന് പഠിച്ചു അള്ളാഹുസുബാനുഹു തകാലായുടെ അനുമതിയല്ലാതെ അതിലൂടെ ഒരാൾക്കും ഉപദ്രവം വരുത്താൻ അവർക്ക് കഴിയില്ല തങ്ങൾക്ക് ഉപകാരമില്ലാത്തതും ദോഷകരമായതുമായ കാര്യങ്ങളാണ് അവർ പഠിച്ചത് അത് വാങ്ങുന്നവന് പരലോകത്ത് യാതൊരു അവർക്ക് ഉറപ്പായും അറിയാമായിരുന്നു അവർ തങ്ങളുടെ ആത്മാക്കളെ വിറ്റുകളഞ്ഞത് എത്ര മോശമായിരിക്കുന്നു അവർക്ക് അറിയാമായിരുന്നെങ്കിൽ